മനുഷ്യർ സമ്പാദിച്ച പാപങ്ങൾക്ക് അള്ളാഹുസുബാനഹുവചായാല അവരെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരു ജീവിയെപ്പോലും അവൻ ബാക്കിവെക്കില്ലായിരുന്നു എന്നാൽ അവൻ അവരെ നിശ്ചിത സമയത്തേക്ക് നീട്ടിക്കൊടുക്കുന്നു അവരുടെ സമയം വന്നാൽ തീർച്ചയായും അള്ളാഹുസുബഹാനഹഹുവചായാല തന്റെ ദാസന്മാരെ കാണുന്നവരാകുന്നു